om narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayanam narayanam narayana narayanam narayanam narayana narayana narayanam narayana narayana narayanam narayanam narayana narayanam narayanam narayana narayanam narayanam narayana narayanam narayanam narayana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 ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണസത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓ സൗവചൈതന്യൂപ താ ആദ്യം വിദീമേ ബുദ്ധിം ലാമ പ്രചോദയാ കല്ലുവേണോ നീല നീറം കോലും നല്ല കല്ലുവേണോ നല്ല വൈരി പേരോലുന്ന കല്ലുവേണമോ ഇന്ദ്രനീലമാണി വർണ്ണം പൂണ്ടുലക്ഷ്മി വക്ഷശീല സാന്ദ്ര മോദം വീളങ്ങോമാ കല്ലുവേണമോ narayana na narayana na narayana na narayana na narayana na narayana, narayana, narayana radha gobinda ീതൻജത്തിൽ നിന്നൂതിച്ച ദേവകൾക്കും മോഹമേറ്റും കല്ലു വേണമോ ദുർഗാഭാഗവതിയെ താൻ പാകരമായി കൊടു കായിൽ ദുർഗമാർക്കും എന്നായിത്തീർന്ന കല്ലുവേണമൂ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ രാധാ ഗോവിന്ദ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ ശൗരിയോടു be shu kenni vaaniya da kallu venamoo gopabalanmaraam muttu malayude naadu kaadi govadee ay minnum krishna kallu venamoo ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ രാധാ ഗോവിന്ദ വല്ലവ സ്ത്രീ നീകരത്തിൻ കൂച്ച നല്ല വണ്ണം ലസിച്ചതാം कल्लू वेनमू ईह पार सुखंगली मूळूกีडान கெல்เปトゥमम्मा हाजनम चूडुन्ना कल्लू वेनमू नारायणा नारायणा नारायणा नारायणा ണ നാരായണ രാധാ ഗോവിന്ദ ഹൃദയത്തിൽ ധാരിപ്പോരെ മായാബന്ധം ഊറിച്ചൂടൻ മൂദബ്ധിയിലാഴ്ത്തി മല്ലുവേണമോ धारिकुgil वेंडें माई तोनीडीलिम केजीकुआन नेरुका मुंडा के तीरकं कल्लू वेणमो मारायणा ना नारायणा नारायणा ना नारायणा ना नारायणा ना नारायणा രാധാഗോവിന്ദ കല്ലുവേണോ നീല നീറം കോലും കല്ലുവേണോ നല്ല വൈരി പേരോലുന്ന കല്ലുവേണമോ ഏവം പാരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭാവസൂനോദേശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണാരാധോവിന്ദോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ രാധാരമണമുകുന്ദര ശരണം മേ തവ ചരണയുഗം പവന പുരേശാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദീ മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ംബസദിവര ശരണം തവ ചരണയുഗം ഹണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരെ രാമ ഹരേ രാമ മ രാമ ഹേ ഹൃ ഹണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ േ രാമ രാമ രാമ ഹേ ഹൃണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമേ രാമേ ഹരേ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹേ ഹരി ഹരമ ഹരേ ഹരേ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേമ ഹേ രാമ ഹേ ഹരി േ കൃഷ ഹണ കൃഷ കൃഷ് ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ോവിന്ദമസങ്കീർത്തനം ഗോവിന്ദ ശ്രീവിലാത്തികുളത്തപ്പൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുഭൂതന്മാരുടെ കാരണവന്മാരുടെ സജനങ്ങളുടെ എല്ലാം അപാരമായ വാത്സല്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ശ്രീമൽ ഭാഗവത സ്വരൂപിയായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഏഴ് ദിവസം ആരാധിക്കാൻ ആസ്വദിക്കാൻ നമുക്ക് പുണ്യ അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ അവസരം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് അവിടുത്തെ വാത്സല്യം കൊണ്ട് ഞങ്ങൾക്ക് കൈവന്നിട്ടുള്ള ഈ അസുലഭാവസരം അതിൻ്റെ പരിപൂർണ സാഫല്യത്തിലേക്ക് എത്തിച്ചു തരണേ ഭക്തിയുണ്ടാക്കി തരണേ എന്ന് ആ പ്രാർത്ഥന വിളച്ചൊല്ലാം പാദം പാതമായിട്ട് സജനങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നത് നന്ന്സാരസാഗരേ മഗ്നം സംസാരസാഗരേ മഗ്നം ദം കരുണാനിധേ ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതം കർമ്മഗ്രഹ ഗൃഹീതം മാമുധര ഭർണവാൻ മാമുദ്ധര ഭർണവാൻ ീമൽ ഭാഗവതാഖ്യോയം ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേ പ്രത്യക്ഷ കൃഷ്ണേ സ്വീകൃതോ സീ മയാ മാത സ്വീകൃതീ മയാ മാത മുക്യർം ഭസാഗരേ മുക്യർം മനോരഥോ മദീയോയം മനോരഥോ മദീയോയം സഫലസഫല യാർവി്നൈവ കത്ത നിർവി്നൈവ കത്തവ്യ ാസോഹം തവാ കെശവുവാബോധ ശുഖ പ്രബോധ്യ സർവസ്ത്ര വിശാരദാസ്ത്ര വിശാരദ ഏതൽ കഥ പ്രകാശന ഏതൽ കഥ പ്രകാശന മദ ജാനം വിനശയാ മദ ജാനം വിനശയാ ഭേ ഭക്തി ഭ യഥി പാദയോസ്ത ജാത പാദയോസ്ത ജാത തധാ കു ദേശ നാഥസ്വെന്നോ യോ നാഥസ്വെന്ന നോയ പ്രഭോ മസീർത്തനം എമസീർത്തനം യപ പ്രണശനം പാപ പ്രശനം പ്രണാമോ ദുഃഖശമന പ്രണാമോ ദുഃഖശമന തം നമു പരം പാഹരി പരം വന്ദേ നന്ദവ്രജസ്ത്രീ വന്ദവ്രജസ്ത്രീ പാദരേണുഭീക്ഷ്മേമീക്ഷം ഹരികഥോദ്ഗീതം ഹരികഥോദ്ഗീതം പുനുവനത്രയംഭുനത്രയം ശ്രീഗോപീ ചരണവിന്ദ പരമാണവീ ജന്മാന്വയാതി തരതശാർത്ഥേഷ്വസ്വരാ ബ്രഹ്മഹൃദി കവവേ മുഹ്യന്തിയത്സൂരയ തേജോ വരിമൃദാന് യഥാവിനിമയോ എത്രസർഗോ മൃഷാധാ സ്വന സദാ നിരസ്തുഹകം സത്യം പരം ശ്രീമഹീ ധർമ്മ പ്രോജിതകൈതവോത്ര പരമോ മത്സരാണേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമത്ഭാഗവത മഹാമുനി പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെതിശ്രൂഷുഭാ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രുവി ഭാവു കാ സച്ചിദാനന്ദയ വിശ്വോൽപ്പതിഹേതവേ താവശം നമ പ്രവ്രജന്തേതമപേതകൃത്യ ദ്യോ വിരഹ കാതര ആയുഹാവ പുത്രേതി തന്മയതയാ തരവോഭു തം സർവൂതഹൃദയം മുനിസ്മ യനുഭാവം അഖിലുതിസാരം ഏകം അധ്യാത്മദീപം അതിഥിതീർത്തം തമോന്ധം സംസാരണം കരുണയാ പുരാണ ഗുഹ്യം തം വ്യാസൂനം ഉപയാമി ഗുരുമുനീ നാരായണം നമസ്കൃത്യ നരം ചൈവരോത്തം ദീം സരസ്വതീ വ്യസം തതോ ജയമുദീരേൽ യവതവ്യഖ്യ ക്തിദോ ഭക്തിദാം സരുണോ സിന്ധു ബോധിതാത്മാ ഗുരുമം തസ്മൈ ശ്രീവാസുദേവാണീസുരൂ ഗുരുവായുപുരേശാഭ്യം ശ്രീഗുരവേ നമ ശംഖചക്രഗദാവത്മധാരണേ ഗുരുവിണേ ഗുരുവായുപുരേശാ ുദേവേ നമ കമനീയകിശോരമുഗ്ധമൂർത്തെ കളവേണുക്വണിതാദൃതാനന്ദോ മമ വാചി വിജംഭതം മുരാരേറം മധുരിം കീതാം കരവിരാജിതചക്രശംഖ കൗമോദീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദവാദേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായുരപരണം ശ്രീഗുരുവാ ശരണം ീഗുരുവാ ശരണം ആരുഢ പ്രൗവേഗ പ്രവിദിതനം തുംഗതുംഗം തുരംഗം നീലം ചേലം വസാന കരതലവിലസൽ ചൺഡ കോദകാണ്ടാഗദ്വേഷാദിവിധമൃഗപടലീഭീതികൃൽ ഭൂതഭർത്ത കുറവെന്നേടലീലാം പരിലസത്ത മനഃക്കാനേ മാമഹീനേ സ്വാമി ശരണമേ കരചരണകൃതം വർമ്മം വ്രവണമയനജം മാനസം വരാധം വിദമവിദിതം വർമേതൽ ക്ഷമസ്വ ശിവ ശിവാ കരുണാഥേ ശ്രീ മഹാദേവ ശംഭോ നമ പാർവതീപതേ ഹരഹര മഹാദേവ കാരുണ്യമൃതരിധിം കരലസൽക്കോദണ്ഡബാണോജ്വലം സീത ചിത്തസരോജാരു ദൂർവാദ ശ്യമം ശ്രീമദ്വായുസുതേന ലാളിതപദാഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വിൽവാദ്രി നാഥം ഭജേ ജാനകീ ജീവനസ്മരണ ജയ ജയാ രാമ രാമ എത്രയഘുനാഥകീർത്തനം തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം ീ ആഞ്ജനേയസ്വാമി കെ ജയ അനന്യ പ്രവണഹൃദയേ ധാന്യം സൗഖ്യം ഹരിചരണഭക്തി വിനയം അസൂയാമാൽസരയാദനുപമ മനോരോഗശമന പ്രവീണം വാണിം സൽ പ്രകര പരമാദനനി ീജദംബി കയ ഭഗവതി ഭരദേവതേ പ്രസീദ ത്രിപുരഹര പ്രി വല്ലഭേ ഭവാനീ അശരണം അതിദീനം ആഹ്തം അം സഹദവലോകയ ശീതലൈരഭൈ കഥാമയം ഭാഗവതം ഹരേ തനുതേ ചരിതൈസ്തുദീയ യഥാതി ത്വൽപരിതോഷ കാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ്രീകൃഷ്ണ കോമം കൂജയം വേണു ശ്യാമോയം കുമാര വേദവേദ്യം പരം ബ്രഹ്മ ഭാസ ജന്മാന്വയാതി തരതശാർത്ഥേഷ്വിജ്ഞസ്വരാ ബ്രഹ്മഹൃദി കവേ മുഹ്യന്തിയൽ സൂരയ തേജോ വരിമൃദ്യനിമയോ എത്ര ത്രിസർഗോ മൃഷാ ധാം സ്വന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മസരാം സതാ വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദാ ത്രോന്മൂലം ശ്രീമത്ഭാഗവത്തെ മഹാമുനി പരൈ ഈശ്വര സദ്യോഹൃത്യവരുദ്ധ്യത്തെ കൃതി ശുശ്രൂഷു തൽക്ഷണ നിഗമകൾപതരോർഗളിതം ഫലം ശുഗമുഖാമൃതദ്രവ സംയുതം പാഗവതം രസം ആലയ മുഹുരോ രുവി ഭാവു കാഷേ നിമിഷ ക്ഷേത്രേ ഋഷയ ശൗനഗാദയ സത്രം സ്വർഗോകാ സഹസ്രസമം ആസത തയേകാതു മുനയ പ്രാതരുഹുത സൽതം സൂതമാസീനം വപ്രഛുരിതം ആദരാൽ ഋഷയ ഊചു ത്യാ ഖലു പുരാണു സേതിഹാസാ ചാനഘ ആയപ്യധീതാസ്ത്രണയു ഞാൻ വേദവിദ്രേ ഭഗവാൻ ബാദരാണ അന്യേ ചുനയസൂത പരാവരവിദോ വിദോ വേദ്ധം സൗമ്യ തൽസം തദനുഗ്രഹൽ ബ്രൂയു സ്നിഗ്ധ്യ ഗുരവോ ഗുഹ്യമപ്യുത തത്രഞ്ജസുഷന്വുനിശിതം പുംസാേകാത ശ്രേയസ്തം ശംസിമർഹസി പ്രാണൽപ്പയുഷ സഭ്യ കലാവസ്മുഗേ ജന മന്ദാസ്ു മന്ദ മതയോ മന്ദ ഭാഗ്യ ഹ്യുഭ്രുത ഭൂരി ഭൂരി കർമാണി ശ്രോതവ്യഭാഗശ അതാധോ ത്രയൽ സാരം സമുഭൃത്യ മനീഷയാ ബ്രൂഹാ േനാത്മാസീദതി സൂത ജാനസീഭ്രം തേ ഭഗവാൻ സ്പം പേവ്യാ വസുദേവിയ ജാതോ യിഗീർഷയാ തന്ന ശുശ്രൂഷമാണർഹ്യാർണിത്തരോ ഭൂതമായ ചാവാസ് സംസൃതി ഘോരാമ വിവശോ ഗൃഹൻ തര സദ്യോ വിമുചേത ബിഭേരി സ്വയം ഭയം യൽപ്പംശ്രയാൂത മുനയ പ്രശമായ സദ്യ പുനന്തിയുപസ്പൃഷ്ട സ്വർധുന് വോ നുസേവയാ കോ ആ ഭഗവത സ്ത പുണ്യശ്ലോകേബ്യകർമ്മ ശുദ്ധി കാമോ ന ശൃുയാശ കലിമലാവഹം തയ്യുദി പരിഗീതാണു സൂരിഭർ ബ്രൂഹാനീലയാ ദ കല അഭാഖ്യേർ ധീമൻ അവതാര കഥുഭ ലീലാ വിദത സ്വൈരം ഈശ്വരസ് ആത്മമായയാ വയന്തു നതൃപ്യാമ ഉത്തമ വിക്രമേ യുണമതം രസജ്ഞാനു സ്വാദു പദേ പേ കൃതവാൻകിള വീര സഹ രാണ കെശവ ഭഗവാൻ ഗൂഢ കപടമാനുഷ കളിമാഗതമാജ്ഞാ ക്ഷേത്രേസ്ൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥാ സക്ഷണ ഹരി ത്ന്ന സന്ദർശിതോധാ ദുസ്ഥരം നിസ്തിരിഷതാ കലി സത്വരം പുംസ കർണധാരണവൂഹി യോഗേശ്വരെ കൃഷ്ണേ ബ്രഹ്മണ്േ ധർമ്മവർമ്മി സ്വാമുനോപേ ധർമ്മക്കം ശരണി ശ്രീമദ്ഭാഗവത്തെ മഹാപുരാണേ പാരമഹംസ്യയാ സംതാ പ്രഥമസ്കന്ധേ നൈമിഷീയോ പ്രഥമോധ്യ ഗോവിന്ദമ സങ്കീർത്ത ശ്രീവ്യാസ ഉചൃശ സംഹൃഷ്ടോ വിപ്രാണം രൗമഹർ പ്രതിപൂജവജസ്തം പ്രവർത്തമുപചക്രമേ ശ്രീസൂത ഉച്ച യംബവ്രജം തനു വേദമപേതകൃത്യം ദ്വൈവായോ വിരഹ പുത്രേരി തന്മയതയാ തരവോഭിനേദോഹൃദയ ആനദോസ്മി യസ്വ അനുഭാവമിലശ്രുതിസാരമേക അധ്യാത്മദീപം അതിഥിഥിഷതാം സംസാരണയാണഗുഹ്യം തം വ്യാസസൂനു ഉപയാമി ഗുരുമുനാരായണം നമസ്കൃത്യ നരഞ്ചൈവ നരോത്തീ സരസ്വതീം വ്യാസം തോജയുദീരേ മുനയ സാധു ദോഹം മംഗളം ഭക്തിയോ പ്രയോജിത ജനയശു വൈരാഗ്യം ജാനം ജയഹൈകം ധർമ്മസ്വനുഷ്ഠിത പുംസ വിഷവക്സേന കഥാതി ഹ്യപവവർഗോ അർയോപകല് നർസകാഭാ ഹി സ്മൃത കാമസ്യേന്ദ്രിയ പ്രിതിൽാഭോ ജീവേദയാവത ജീവസാസ നേഹകർമ്മവി വദന്തിവിദ തത്വം യജ്ഞാനമത്വം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻതി ശബ്ദത്തിശ്ദാനമുനയോ ജ്ഞാനവൈരഗ്യയുക്തയാ പശ്യാത്മനിയാത്മാനംഹീതയാ അത പുംഭർദ്ജശ്രേ വർണശ്രമവിഭാഗ സനിഷ സംസിർഹരിദോഷണ തസ്മാകോതവ്യ കീർത്തിയച്ച ധ്യേയ പൂജ്യദനുധ്യസന യുക്തൃം നിബന്ധനം ചിന്ത കോവിദ ത കോതകുരിയാൽക്കഥാരി ശുശ്രൂഷോ വാസുദേവാരം സാമഹസേവ പുണ്യസേവൃണുത പുണ്യശ്രവണ കീർത്ത ഹൃദ്യംസ്തൂഹ്യഭ്രാണിസുഹൃസ നഷ്ടപ്രായേഷുത്തമശ്രോയേ ഭക്തിർഭി നൈഷ്ടീ തദാരജസ്തമോ ഭാ കാമലോഭാസ്റ്റേ ചയതേ തൈരനവിധം സ്ഥിതം സത്വേ പ്രസീതിസന്നനസോ ഭഗവത്ഭക്തിയോ ഗത ഭഗവത്തം മുക്തസംഗ ജാതെ ഭിത്യേ ഹൃദയഗ്രന്ഥി ഛിന് തേസംശയാർമാണി ദുഷ്ടേ വർമനീശ്വരീ അതോ വൈ കവയോ നിത്യം ഭക്തി പരമയാ മുത വാസുദേവേ ഭഗവതി കൂറന്യാത്മപ്രസാദിന സത്വം ജയസ്തമ പ്രകൃതി ഗുണത്തെ പുരുഷകൈഹ സി ഹരി വിധിഞ്ഞ് സപ് ശ്രേയാംസു സത്ര ഖലു സത്വതനൂസു പാർഥിവാദാരുണോ ധൂമസ്മാമസസ്തു യജസ് തസ് സ്പം ബ്രഹ്മ ദർശനം ഭേജലേമുന യൂ അഗ്നി ഭഗവന്തോക്ഷയം സത്വം വിശുദ്ധം ക്ഷയമായ കൽപ്പം ധേനുദാനുമുക്ഷു ഘോരരുവാൻ ഹിറ്റ് ഭൂതപതീരഥ നാരായണ കലാ ശാന് ഭജംസൂയ രജസ്തവ പ്രകൃതയ സമശീല ഭജം ദിവ പതൃഭൂത പ്രദേശാദീം ശ്രീ ഐശ്വര്യ പ്രജപ്സവ വാസുദേവരാ വേദ വാസുദേവരാ മഖാ വാസുദേവരാ വാസുദേവരാ വാസുദേവരം ജ്ഞാനം വാസുദേവരം തവ വാസുദേവരോ ധർമ്മോ വാസുദേവരാ ഗണി സേ വേദം സ സജ്ജാ ഭഗവാത്മമാ സദസദ്രൂപയാസൗ ഗുണണമയ്യ ഗുണോ വിഭു തയാലസേഷു ഗു ഗുണവാരി അന്ധ പ്രവിഷ്ടേന വിജംഭ്യം യഥാഹ്യഹിതോ വന്നാലുഷേകോനിഷോ നാനേ ഭാതി വിശ്വാത്മാ ഭൂതേഷി തഥാഭവ അസൗ ഗുണമയ ഭാവൈ ഭൂതസൂക്ഷിം നമവി സുനിഷു നിർവിഷ്ടോ ഭുങ്ക്ൂതേഷു തദ്യത്േഷ സത്വ ലോകാൻവൈ ലോകഭാവന ലീലാവീലാവതനുരാ